ധ്യായം പതിനാറ് ദാവീത് മലമുകൾ കടന്ന് കുറെ അപ്പുറം ചെന്നപ്പോൾ മെഫിബോഷ്യത്തിന്റെ ഭൃത്യനായ സീബം കോപ്പിട്ട രണ്ട് കഴുതയുമായി എതിരെ വരുന്നത് കണ്ടു അവയുടെ പുറത്ത് ഇരുന്നൂറ് അപ്പവും നൂറ് ഉണക്കമുന്തിരിക്കുലയും നൂറ് അത്തിയടയും ഒരു തുരുത്തി വീഞ്ഞും യറ്റിയിരുന്നു രാജാവ് സീബയോട് ഇത് എന്തിന് എന്ന് ചോദിച്ചു അതിന് സീബ കഴുതകൾ രാജാവിന്റെ കുടുംബക്കാർക്ക് കയറുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചവർക്ക് കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു നിന്റെ യജമാനന്റെ മകൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് സീബ രാജാവിനോട് അവൻ എരിച്ചിലെമിൽ പാർക്കുന്നു ഇസ്രയേൽ ഗ്രഹം എന്റെ അപ്പന്റെ രാജ്യത്വം ഇന്ന് എനിക്ക് തിരികെ തരുമെന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു രാജാവ് സീബയോട് ഇതാ മെഫിബോഷേത്തിന് ഉള്ളതൊക്കെയും നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു അതിന് സീബ യജമാനായ രാജാവെ ഞാൻ നമസ്കരിക്കുന്നു തിരുമുമ്പിൽ എനിക്ക് ദയ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു രാജാവ് ബഹൂരീമിൽ എത്തിയപ്പോൾ ശൌലിന്റെ കുലത്തിൽ ഗരയുടെ മകൻ ഷിമയി എന്നുപേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ടു ശപിച്ചും വരുന്നത് കണ്ടു അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയൊക്കെയും കല്ലുവാരി എറിഞ്ഞു ജനവും വീരന്മാരുമെല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു ഷിമയി ശപിച്ചും കൊണ്ട് ഇവണ്ണം പറഞ്ഞു രക്തപാതക നീച്ച പോ പോ ശൌൽഗ്രഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു അവനു പകരമല്ലോ നീ രാജാവായത് യഹോവ രാജത്വം നിന്റെ മകനായ അബ്ശാലൂമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു അപ്പോൾ സെരൂയയുടെ മകനായ അബിഷായി രാജാവിനോട് ഈ ചത്ത നായി യജമാനനായ രാജാവിനെ ശപിക്കുന്നത് എന്ത് ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു അതിന് രാജാവ് സെരൂയയുടെ പുത്രന്മാരെ എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത് അവൻ ശപിക്കട്ടെ ദാവീദിനെ ശപിക്ക യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആർ ചോദിക്കുമെന്ന് പറഞ്ഞു പിന്നെ ദാവീദ് അഭിഷായിയോടും തന്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത് എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു ഈ ബെന്യാമീന്യൻ ചെയ്യുന്നത് ആശ്ചര്യമോ അവനെ വിടുവിൻ അവൻ ശപിക്കട്ടെ യഹോവ കൽപ്പിച്ചിരിക്കുന്നു പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും വഴി നടന്നു പോകുമ്പോൾ ഷിമയെയും മലഞ്ചെരുവിൽ കൂടി അടുത്തു നടന്നു നടന്നുകൊണ്ട് ശപിക്കുകയും കല്ലും പൂഴിയും വാരി അവനെ എറിയുകയും ചെയ്തു രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി എത്തി അവിടെ ആശ്വസിച്ചു എന്നാൽ അബ്ശാലോമും ഇസ്രയേലായ ജനമൊക്കെയും അഹീതൊഫേലുമായി ിൽ എത്തി ദാവിദിന്റെ സ്നേഹിതൻ അർഹ്യനായ ഹുശായി അബ്ഷാലൂമിന്റെ അടുക്കൽ വന്നിട്ട് അബ്ശാലൂമിനോട് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു അപ്പോൾ അബ്ശാലോം ഹൂശായിയോട് ഇതാകുന്നുവോ നിന്റെ സ്നേഹിതനോട് നിനക്കുള്ള സ്നേഹം സ്നേഹിതനോടുകൂടെ പോകാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിന് ഹൂശായി അബ്ശാലൂമിനോട് അങ്ങനെയല്ല യഹോവയും ഈ ജനവും ഇസ്രയേലൊക്കെയും ആരെ തെരഞ്ഞെടുക്കുന്നുവോ അവനുള്ളവനാകുന്നു ഞാൻ അവന്റെ പക്ഷത്തിൽ ഞാനിരിക്കും ഞാൻ ആരെയാകുന്നു സേവിക്കേണ്ടത് അവന്റെ മകനെ അല്ലയോ ഞാൻ നിന്റെ അപ്പനെ സേവിച്ചതുപോലെ നിന്നെയും സേവിക്കും എന്ന് പറഞ്ഞു അനന്തരം അബ്ശാലും അഹിതൊഫേലിനോട് നാം ചെയ്യേണ്ടതെന്ത് നിങ്ങൾ ആലോചിച്ച് പറവി നിന്ന് പറഞ്ഞു അഹിതൊഫേൽ അബ്സാലൂമിനോട് രാജധാനി സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ നീ ചെല്ലുക എന്നാൽ നീ നിന്റെ അപ്പന് നിന്നെ തന്നെ വെറുപ്പാക്കിയെന്ന് എല്ലാ ഇസ്രയേലും കേൾക്കും നിന്നോടു കൂടെയുള്ളവർ ഒക്കെയും ധൈര്യപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെ അവർ അബ്സാലൂമിന് വെൺമാടത്തിന്മേൽ ഒരു കൂടാരമടിച്ചു അവിടെ അബ്സാലൂം എല്ലാ ഇസ്രയേലും കാണെ തന്റെ അപ്പന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ ചെന്നു അക്കാലത്ത് അഹിദോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാടുപോലെ ആയിരുന്നു ദാവീദിനും അബ്ഷാലോമിനും അഹിദോഫേലിന്റെ ആലോചനയെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു